ഫിർ അവൻറെ ജനതയിലെ പ്രമുഖർ പറഞ്ഞു മൂസഅലിഹിസ്ലാമിനെയും അദ്ദേഹത്തിൻറെ ജനതയേയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും നിങ്ങളെയും നിങ്ങളുടെ ദൈവങ്ങളെയും ഉപേക്ഷിക്കാനും നിങ്ങൾ വിടുമോ അവൻ പറഞ്ഞു അവരുടെ പുത്രന്മാരെ നാം കൊന്നുകളയും സ്ത്രീകളെ ജീവിപ്പിക്കും തീർച്ചയായും നാം അവർക്കുമേൽ ആധിപത്യം പുലർത്തുന്നവരായിരിക്കും